അധ്യായം നാല് ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനേയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കല്പിക്കുന്നത് വചനം പ്രസംഗിക്കാം സമയത്തിലും അസമയത്തിലും ഒരുങ്ങിനില്ക്ക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം തർജനം ചെയ്യുക പ്രബോധിപ്പിക്ക അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്ത മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികയും ചെയ്യുന്ന കാലം വരും നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്കാം കഷ്ടം സഹിക്കാം സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്കു മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചർക്കും കൂടെ വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി ക്രേസ്കേസ് ഗലാത്തിക്കും തീത്തോസ് ദൽമാതിക്കും പോയി ലൂക്കോസ് മാത്രമേ എന്നോടു മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ ആകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക തികോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചിരിക്കുന്നു ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചുപോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക ചെമ്പുപണിക്കാരൻ അലക്സണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവനു പകരം ചെയ്യും അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തുനിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊൽക്കാം ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ കർത്താവോ എനിക്ക് തുണനിന്നു പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശാക്തീകരിച്ചു അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്രാപിച്ചു കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അവന് എന്നേക്കും മഹത്വം ആമേ പ്രിസ്കും അക്വിലാവിനും ഒനേസിഫോറസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക എരസ്റ്റോസ് കൊരിന്തിൽ താമസിച്ചു ത്രോഫിമോസിനെ ഞാൻ മിലയത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു ശീതകാലത്തിനു മുമ്പേ വരുവാൻ ശ്രമിക്കാം യുബൂലോസും പൂതെസും ലീനോസും ക്ലൗദ്യയും സഹോദരന്മാർ എല്ലാവരും വന്ദനം ചൊല്ലുന്നു യേശുക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ കൂടെ ഇരിക്കുമാറാകട്ടെ